അധ്യായം ഇരുപത്തിയേഴ് ഇസഹക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാൺമാൻ വഹിയാതവണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ യേശാവിനെ വിളിച്ച് അവനോട് മകനേ എന്നു പറഞ്ഞു അവനവനോട് ഞാനിതാ എന്നു പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയുമെടുത്ത് കാട്ടിൽ ചെന്ന് എനിക്കുവേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്നു പറഞ്ഞു ഇസഹാക്ക് തന്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ റെബേഖ കേട്ടു യേശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റബേക്ക തന്റെ മകനായ യാക്കോവിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ യേശാവിനോട് സംസാരിച്ചു ഞാൻ എന്റെ മരണത്തിനു മുമ്പേ നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനമുണ്ടാക്കി തരിക എന്നു പറയുന്നത് ഞാൻ കേട്ടു ആകയാൽ മകനെ നീ എന്റെ വാക്കു കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് രണ്ട് നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവയെക്കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട് എന്റെ സഹോദരനായ യേശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്നു പറഞ്ഞു അവന്റെ അമ്മ അവനോട് മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ എന്റെ വാക്കുമാത്രം കേൾക്ക പോയി കൊണ്ടുവാ എന്നു പറഞ്ഞു അവൻ ചെന്നു പിടിച്ചു അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി പിന്നെ റെബേക്ക വീട്ടിൽ തന്റെ പക്കൽ ഉള്ളതായ മൂത്തമകൻ യേശാവിന്റെ വിശേഷ വസ്ത്രമെടുത്ത് ഇളയ യാക്കോബിനെ ധരിപ്പിച്ചു അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽകൊണ്ട് അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു താൻ രുചികരമായ ഭോജനവും അപ്പവും തന്റെ മകനായ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു അവൻ അപ്പന്റെ അടുക്കൽ ചെന്നു അപ്പാ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ നീ ആർ മകനേ എന്ന അവൻ ചോദിച്ചു യാക്കോബപ്പനോട് ഞാൻ നിന്റെ ആദ്യ യേശാവു എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റിരുന്ന് എന്റെ വേട്ടയെറച്ച് തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നു പറഞ്ഞു ഇസഹാക്ക് തന്റെ മകനോട് മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ ഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് യാക്കോബിനോട് മകനെ അടുത്തു വരിക നീ എന്റെ മകനായ യേശാവു തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കനോട് അടുത്തു അവൻ അവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ യേശാവിന്റെ കൈകൾ തന്നെ എന്നു പറഞ്ഞു അവന്റെ കൈകൾ സഹോദരനായ യേശാവിന്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു നീ എന്റെ മകൻ യേശാവ് തന്നെയോ എന്നവൻ ചോദിച്ചതിന് അതെയെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ എന്റെ അടുക്കൽ കൊണ്ടുപോവാ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു അവൻ അടുക്കൽ കൊണ്ടു ചെന്നു അവൻ തിന്നു അവൻ വീഞ്ഞും കൊണ്ടു ചെന്നു അവൻ കുടിച്ചു പിന്നെ അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട് മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്നു അവനെ ചുംബിച്ചു അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത് ഇതാ എന്റെ മകന്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്പിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ ജാതികൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ ാക്കോബിനെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഉടനെ അവന്റെ സഹോദരൻ യേശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങിവന്നു അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്നു അപ്പനോട് അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചു തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നു പറഞ്ഞു അവന്റെ അപ്പനായ ഇസഹാക്കവനോട് നീ ആർ എന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ നിന്റെ ആദ്യ ജാതൻ യേശാവ് എന്നവൻ പറഞ്ഞു അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് പറഞ്ഞു യേശാവ് അപ്പന്റെ വാക്കുകേട്ടപ്പോൾ അതിദുഖിതനായി ഉറക്കെ നിലവിളിച്ചു അപ്പാ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന അപ്പനോട് പറഞ്ഞു അതിനവൻ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്നു പറഞ്ഞു ശരി യാക്കോബെന്നല്ലോ അവന്റെ പേർ രണ്ടു പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്നവൻ പറഞ്ഞു നീ എനിക്ക് ഒരനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്നവൻ ചോദിച്ചു ഇസഹാക്ക് യേശാവിനോട് ഞാൻ അവനെ നിനക്കു പ്രഭുവാക്കി അവന്റെ സഹോദരന്മാരെയൊക്കെയും ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു ഇനി ഞാൻ എന്തു തരേണ്ടു മകനെ എന്നു തരം പറഞ്ഞു യേശാവ് പിതാവിനോട് നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പാ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു എന്നാറേ അവന്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞുകൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞുകളയും തന്റെ അപ്പൻ യാപ്പുവിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദ്വേഷിച്ചു അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കൂബിനെ കൊല്ലുമെന്ന് യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു മൂത്താം മകനായ യേശാവിന്റെ വാക്ക് റബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കൂബിനെ ആളയച്ചു അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു ആകയാൽ എന്റെ വാക്കു കേൾക്കാം നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോക നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെനാൾ അവന്റെ അടുക്കൽ പാർക്ക നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കുന്ന ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതെയാകുന്നത് എന്തിന് പിന്നെ റബേക്ക ഇസഹാത്തിനോട് ഈ ഹിത്യസ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ദേശക്കാരിത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യസ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു